അത് കഴിഞ്ഞാ പിന്നെ അമ്മക്ക് സമാനമായി കാരണം വെച്ചാൽ പണിയെടുക്കുവായി വിചാരിക്കുമ്പോ സാധനം പോയി പിന്നെ അടുത്ത ദിവസം തിരിപ്പിച്ച് കിടത്തുമ്പോ അന്നേരം പോകൂടും ഇതൊക്കെ പിള്ളേരെ വളർത്താനൊക്കെ പഠിക്കണം ഇതൊക്കെ പഠിച്ചിട്ട് പിന്നെ കല്യാണം കഴിച്ചിട്ട് കാര്യ പഠിക്കാതെ കഴിച്ചിട്ട് എന്ത് പ്രയോന്ന് അതോട് നമ്മളെ കൊണ്ടല്ലേ പണിക്ക് പോവാ ചീനപ്പാവ് കരിഞ്ചീരകം വയമ്പ് ത്രിഫല ത്രിപല കടുക്കത്തോട് താന്നിക്കാത്തോട് നെല്ലിക്കാത്തോട് അമർച്ചക്കൊടി അമർച്ച വള്ളി അമച്ചി വള്ളി എന്നൊക്കെ പറയും വേലിയിലൊക്കെ പടന്നു കിടക്കുന്നതാണ് അമർച്ചക്കൊടി പൊടിച്ചിട്ട് തിരുമ്മി ഒരു ഒരു എരിവുണ്ടാവും ആ അമർച്ചക്കൊടി കാട്ടുമുളകിൻ പേര് കാട്ടുമുളകെന്ന് പറയുന്നത് കുരുമുളകാണ് കാട്ടുമുളകിൻ പേര് കൊടിത്തൂവേര് ചൊറിയലുള്ളതാണ് സൂക്ഷിച്ചു പറിക്കണം മുഞ്ഞവേര് അടയ്ക്കാമണിയൻ വേര് ഏ പാടത്തുണ്ട് ഇഷ്ടം പോലെ പാടത്തുണ്ട് പടത്തുണ്ട് ഏഹ് മാലകളിലേക്ക് അടയ്ക്കാ പോലൊരു കായുവായിട്ട് എനിക്ക് അത് വെള്ളക്കായുള്ള ചുവന്ന കായുള്ള രണ്ടും അറിയിച്ചു ചുവന്നാണോ നല്ലത് ഏഹ് വടക്കോട്ടൊക്കെ ഇഷ്ടംപോലെ അടക്കാമണിയൻ പേര് പെരുംകുരുമ്പ പേര് സുഗന്ധമുള്ള എണ്ണവാ പെരുംകുരുമ്പ പേര് നറുനീണ്ടിക്കിഴങ് നന്നാറിക്കിഴങ് രണ്ടു തന്നെയാണ് പാർവള്ളിക്കിഴങ്ങ് ഇത്രയും മരുന്നുകൾ സമമായെടുത്ത് ആകെ അറുപത് ഗ്രാം പന്ത്രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ വന്ന് എല്ലാം സമമായിട്ട് ആകെ അറുപത് ഗ്രാം എടുത്ത് പന്ത്രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ വന്ന് ഒന്നര ഗ്ലാസ് ആക്കി പിഴിഞ്ഞരിച്ച് അര ഗ്ലാസ് വീതം കഴിച്ചാൽ എത്ര അപകടകരമായ ക്യാൻസറും എല്ലാ ചികിത്സയും ചെയ്ത് പരാജയപ്പെട്ട ക്യാൻസറും മാറും ആരെയും കാണാൻ പോവണ്ട കൊണ്ടുപോവണ്ട അത്ര ഉറപ്പാണ് പറിച്ചിരിക്കാൻ കിട്ടും പോലെ കിട്ടും അങ്ങാടിക്കട കിട്ടും കുറേ ഇത് വളരെ ഫലപ്രദമായ ഔഷധങ്ങളിലൊന്നാണ് ഇതെല്ലാം പറിച്ചിരിക്കാൻ കിട്ടുന്ന സാധനങ്ങളാണ് കുറുന്തോട്ടി പേര് എല്ലൂടി ഇറവടുക എത്ര ഏറ്റവും ഉണ്ടെന്ന് എണ്ണി നോക്ക് ഒന്നുകൂടെ എണ്ണി നോക്ക് ആ എല്ലാം ഓരോന്നായിട്ട് എണ്ണി നോക്ക് കൃത്യമായിട്ട് എണ്ണ ചീനപ്പാവ് ഊട്ടിയ കരിഞ്ചീലകം വയമ്പ് കടുക്ക താന്നിക്ക നെല്ലിക്കാതിക്കാതിക്കടുക്ക നെല്ലിക്ക താന്നിക്ക ജാതിക്കമർച്ചക്കൊടി കാട്ടുമുളകിൻ പേര് ൂവ വേര് മുഞ്ഞ വേര് അടക്കാമണിയൻ വേര് പെരുങ്ങുമ്പേര് നന്നാറിക്കിഴങ്ങ് പാർവള്ളിക്കിഴങ്ങ് പതിനഞ്ച് നാല് ഗ്രാം വീതം കുറുന്തോട്ടി വേര് ദേവതാരം കരി കുറിഞ്ഞി വേപ്പിൻ തൊലി അമൃത് ആടലോടകവേര് കുറുന്തോട്ടി വേര് ദേവതാരം കരിങ്കുറിഞ്ഞി വേപ്പിൻ തൊലി അമൃത് ആടലോടകവേര് ആയോ ചുണ്ടവേര് ചെറുവഴുദിന ചെറുവഴുതിനോലന്നെ സമം അറുപത് ഗ്രാം ആകെ അറുപത് ഗ്രാം പന്ത്രണ്ട് ഗ്ലാസ് വെള്ളം കുറുക്കി ഒന്നര ഗ്ലാസ് അര ഗ്ലാസ് വീതം മൂന്ന് നേരം അര്യവേപ്പിന്റെ തൊടി വേപ്പിൻ തൊടി അമൃത് ആടലോടക വേര് ചുണ്ട വേര് ചെറു വെഴുതിന് വേര് അയോ എഴുതിയോ കഷായം സെയിം കഷായം ഇതൊക്കെ ഉപേക്ഷിച്ച് എഴുതി ഇനി മരുന്നൊന്നുമില്ല തന്റെ വിധി എഴുതി എന്ന് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങി വരുന്ന വഴി ആശുപത്രിയുടെ പഠിക്കലും ആടം കെട്ടിയായാലും മിണ്ടൽ ഈ കഷായം വെച്ചു തിരിച്ചു കൊണ്ടുപോയി ചെക്ക് ചെയ്യുമ്പോ സാധനം ഉണ്ടാവില്ല എന്നിട്ട് രണ്ടു റുപ്പി കഷായം ഡോക്ടർ കൂടെ കൊടുക്കുക ഇത്രയും കാലമൊന്നും ചെലവാക്കിയില്ലെന്ന് പറയാത്ര സിമ്പിളായി പരിപാടി രണ്ടു കുപ്പി ഡോക്ടർക്കും കൊടുക്കുക നാല് കുപ്പി ഡി എംഒക്ക് അയച്ചു കൊടുക്കുക ഒരു നാല് കുപ്പി ഡ്രഗ് കൺട്രോളർക്കും കൊടുക്കുക പത്തെണ്ണം നിങ്ങളുടെ ആരോഗ്യമന്ത്രിക്കും കൊടുക്കുക എന്നിട്ട് പറയാം ഇത്രയൊക്കെ നാട്ടിൽ ആവശ്യമുള്ളൂ നിങ്ങളീ ഇറക്കുമതി ചെയ്താണ് ഈ നാട് കുടിക്കുന്നത് അതുകൊണ്ട് പണി വരെ വല്ലതും നോക്കാൻ പറയുക ഇല്ലെങ്കിൽ കുറേ പേരുടേത് മാറിക്കഴിയുമ്പം പതുക്കെ കുപ്പിക്കഷായം എടുത്ത് കാസർഗോഡിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് അവർ മാറിച്ച് നയിക്കും ഇത്രയ്ക്കുള്ളതേ പണിയുള്ളൂ അല്ല ഇതൊന്നും വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല ഇതൊക്കെ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളൊക്കെ ഉത്സവപ്പറമ്പിൽ കിട്ടും മനസ്സിലായില്ല അതിലുള്ളിടത്തോളം അറിവൊന്നും നിങ്ങളുടെ കോളേജുകളിൽ കുമാരന്മാരും കുമാരികളും പഠിക്കുന്നില്ല പാട്ടും വച്ച് അമ്പലപ്പുറം വയ്ക്കുന്ന അറിവ് പോലും നിങ്ങളീ ഇംഗ്ലീഷിൽ ടച്ചിലിരുന്ന് പഠിക്കുന്നില്ല പേരിൻ്റെ അറ്റത്തെ ഡിഗ്രിക്ക് വിവരമില്ലായ്മ എന്നുള്ള അല്ലാതെ വേറൊരു അർത്ഥവും ഇല്ല ദേഷ്യം വരുന്നില്ലേ ഇനിയുള്ളത് വലിയൊരു കഷായ ഇനി എഴുതാൻ പോകുന്ന ഒരു വലിയ കഷായാണ് ഇരട്ടി കഷായെന്നൊക്കെ പറയും വലിയ കഷായ ചെറിയ കഷായല്ല ഇത് ശരിക്കു പറയുകയാണെങ്കിൽ ക്യാൻസർ രംഗത്തെ അതിപ്രബല യോഗങ്ങളിലൊന്നാണ് ഒരു കാലഘട്ടത്തിലെ കേരളത്തിലെ വണ്ണാൻ സമുദായത്തിൻ്റെ വരദാനങ്ങളിൽപ്പെട്ട കഷായമാണ് ക്യാൻസർ വന്ന് ആര്യ ചികിത്സയൊക്കെ പരാജയപ്പെടുമ്പോൾ എന്ന് പറഞ്ഞാൽ വലിയ വലിയ ആളുകളൊക്കെ ചികിത്സിച്ചു കഴിയുമ്പോൾ അവസാനം ഇനി വഴിയൊന്നുമില്ല എന്ന് പറയുമ്പോൾ കാര്യസ്ഥൻ ചിലപ്പോൾ പറയും നമുക്ക് രാമൻ വണ്ണാനെ ഒന്ന് കണ്ടാൽ എന്താണെന്ന് ചോദിക്കും അപ്പൊ അന്നത്തെ കാലത്ത് ഈ രോഗിയെ കാണാൻ പറ്റില്ല പണ്ടങ്ങനൊരു കഥയുണ്ട് കേട്ടിട്ടുണ്ടോയെന്നറിയില്ല ഇല്ലാത്ത ഇല്ലാത്തവൾക്ക് രോഗായി രോഗം മൂർധന്യത്തിലായി വൈദ്യൻ തിരുമേനിയൊക്കെ വളരെ ഗംഭീരമായിട്ട് ചികിത്സിച്ചു ഒരേക്കു ആയില്ല സ്ഥലം മരിക്കാൻ കിടക്കുമ്പോൾ ആരോ ഒന്ന് പറഞ്ഞു വണ്ണാനെ ഒന്ന് വരുത്തിയാൽ നല്ലതായിരുന്നു അപ്പൊ ഇല്ലത്തോളെ വണ്ണൻ കണ്ടുപോയാല് പടി അടച്ച് വെണ്ണം വെക്കണം പിന്നെ ചികിത്സിക്കുന്നെന്തിനാണ് മനസ്സിലായില്ല രണ്ട് കാര്യം പറഞ്ഞു വണ്ണെ ഏതായാലും ഒന്നും വരട്ടെ കാണാതോ അല്ല മരുന്നും പറഞ്ഞെങ്കിലോ വണ്ണാൻ വന്ന് ഇത്ര കാലോ അകലേന്നുണ്ട് കേട്ടിട്ടുണ്ടോന്നറിയില്ല വണ്ണാൻ അവിടെ ഒന്നും മര്യാദക്ക് വന്നു അല്ല വണ്ണൻ അതിൽ മനസ്സാപോന്നില്ല ഈ അകല നിർത്തുന്നതിന് മനസ്സാവ് നോക്ക പിന്നെ തമ്പരാക്കന്മാർക്ക് തന്നെയാണ് പിന്നെ മനസ്താവം ഉണ്ടായത് സമരങ്ങൾ നയിച്ചത് അവരാ വണ്ണാൻ ഇതൊരു രസമായിരുന്നു കാരണം ഈ കൊള്ളുകയറാതിരിക്കും എന്നും പറഞ്ഞാൽ നിങ്ങക്ക് മനസ്സിലാവില്ല വണ്ണാൻ അതുകൊണ്ട് പറമ്പു എന്നൊക്കെ നിന്നു പക്ഷെ ചെന്ന് പറഞ്ഞു ഇല്ലത്തോളെ കാണാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു അതിന് വണ്ണാൻ ഒരു പണി പറഞ്ഞോളൂ പെരക്കിയതൊരു മൂലേ നിക്കുക ഇല്ലത്തോട് അവിടെ നിൽക്കുമ്പോ നേരെ എതിരെ ഒരു കണ്ണാടി വെക്കുക സൈഡില് ചെരിഞ്ഞു നിക്കുക ആ ചെരിൽ വാതലിന്റെ അവിടെ അടിയം നിന്ന് കണ്ണാടി നോക്കുമ്പോ അന്തർജനതയെ കാണും മരുന്ന് കുളിച്ചു തരും മരുന്ന് കൊണ്ടുപോയി കൊടുക്കുക ആ കണ്ണാടി എടുത്ത് പടിയടച്ച് വെണ്ണം വെക്കുക മനസിലായില്ല ഇല്ലത്തോടെ കണ്ടിട്ടില്ലല്ലോ കണ്ടത് കണ്ണാടിയാണ് മനസ്സിലായില്ല ഫിനെനിക്ക് നന്ന ഇശി ബോധിക്കും അപ്പൊ അതുകൊണ്ട് നേരെ വണ്ണാൻ ഇതൊക്കെ നോക്കി കണ്ണാൻ ഇത് കണ്ടുകഴിഞ്ഞ പറഞ്ഞു മരുന്നൊന്നും വേണ്ട അതിനുള്ള കാര്യമില്ലെന്ന് പറഞ്ഞു ഇത് അടിയന്റെ ബുക്കിലെ നിസ്സാര ചികിത്സയാണ് ഇത് ഗുരു പറഞ്ഞു തന്ന മന്ത്രത്തിന്റെ പകുതി മതി മുഴുവൻ വേണ്ട മുഴുവൻ മന്ത്രവും വേണ്ട അല്പ വേണ്ടും മന്ത്രാ ജപിക്കണ്ടേ അടിയൻ ജപിക്കാൻ ആളുടെ മുമ്പിൽ നിന്ന് അതുകൊണ്ടൊരു കാര്യം ചെയ്യാം അടിയനി മണലിൽ മന്ത്രം കുറിക്കാം മണലിന്ന് നോക്കിപ്പടിച്ച് നമ്പൂരി ജയിച്ചോ ജീവിച്ചോളാം പറഞ്ഞു ഇരുപത്തൊന്നൂറ് പ്രാവശ്യം ജവിച്ചാ മതി രോഗം പോകും മണ്ണാൻ എഴുതിയിട്ട് പോയി നൊച്ചി മന്ത്ര അത്രേ ഉള്ളു നൊച്ചി മണ്ണാൻ തലം വിട്ടു ഇയാള് പോയിരുന്ന് ഇരുപത്തൊന്നൂ പ്രാവശ്യം നൊച്ചി നൊച്ചി നൊച്ചി എന്ന് പറഞ്ഞ് രോഗം പോയി രോഗം പോയപ്പോ തിരുനിക്കുതായി വണ്ണാൻ എന്തെങ്കിലോ കൊടുക്കുകയൊക്കെയാണെന്ന് തോന്നി ഒണ്ണാനെ വരുത്തി പക്ഷെ വരുത്തിയത് കൊടുക്കാനല്ല ഇതിന്റെ മുഴുവൻ മന്ത്രം അറിയണം പകുതി കൊണ്ട് ഇത്രയും കളിക്കുമെങ്കിൽ ഓ അണ്ണാൻ വന്നോ തോന്നി അതിനെന്താ ഒരു വിഷമവും ഇല്ല മുഴുവൻ മന്ത്രം എഴുതിയേക്കാം നൊച്ചിവായ താൻ സംസ്കൃതത്തിൽ നമശിവായ പന്ത്രണ്ടും വല്ലായിട്ട് ജയിച്ച് സിദ്ധി വരുത്തിയിട്ട് പറ്റാത്തത് ഇവന്റെ നൊച്ചിക്ക് വിരിച്ചു കൊണ്ട് പറ്റി അതുള്ളു നന്നാകണം മനസ്സിലായില്ല അത്തരം പ്രയോഗങ്ങളിൽ പെട്ടതാണ് കണ്ണാൻ സമുദായത്തിൻ്റെ പ്രഭാവകേന്ദ്രങ്ങളിൽ അവസ്മാരത്തിനും ഉന്മാദത്തിനും ക്യാൻസറിനുമൊക്കെ അത്യന്ത ഫലപ്രദങ്ങളായ ചില ഔഷധങ്ങളാണ് അവരുടെ പാട്ടും അവരുടെ കൂത്തും അവരുടെ പ്രയോഗങ്ങളും ഒക്കെ ഗംഭീരമാണ് അതിൽപ്പെട്ടതാണ് അടുത്തത് അമ്പത്തൊമ്പത് അരത്ത പടോലവള്ളി ത്രികടു എന്ന് പറഞ്ഞാല് ചുക്ക മുളക് തിപ്പലി ചുക്കമുളക് തിപ്പലി അമരിവേര് അമരിവേര് നന്നാരിഴങ് ബ്രഹ്മി വേപ്പിന്തൊലി കരിങ്കുറിഞ്ഞേര് കുറുന്തോട്ടി വേര് കരിവേലപ്പട്ട പാർവള്ളിക്കിഴങ്ങ് തിപ്പലി കാട്ടുമുളകൻ വേര് ജീരകം കരിഞ്ചീരകം കാട്ടുജീരകം കടുക് തിനയരി തിന തിന തിനയരി അങ്ങാടിക്കട കിട്ടും അമൽപൊരി വേര് ഉലുവ കരളകത്തിൻ വേല് കരിങ്ങാലിക്കാതൻ എരുക്കിൻ വേല് ജാതിക്കായ ജാതിപത്രി ഗ്രാമ്പു പണ്ണാൻ്റെ ഭാഷ ഇങ്ങനെയല്ല കാറാമ്പ് ഞാൻ ആ ഭാഷയെല്ലാം മാറ്റിയാണ് എനിക്ക് തരുന്നത് ഭാഷയൊക്കെ മൊഴിമാറ്റം നടത്തിയിട്ടുണ്ട് അല്ലാതെ ഈ ഭാഷയിലല്ല അവർ എഴുതി വെക്കുന്നത് കാറാമ്പ് കലമ്പൊട്ടി കലമ്പുട്ടി കദളി അതിരാണി അത് മണ്ണാന്റെ ഭാഷ അതിരാണി ചപ്പ് അതിരാണിച്ചപ്പെന്നാണ് പറയുക വിഴാലം വേര് വിഴാൽ വേര് വിഴാലൻ ചപ്പ വിഴാലം വേര് ആടലോടക വേര് കടുക്കാത്തോട് താന്നിക്കാത്തോട് നെല്ലിക്കാത്തോട് കൊന്നത്തൊലി പൂപ്പരുത്തിത്തൊലി കരിന്തുമ്പ കരിന്തുമ്പ മണിത്തക്കാളി മണിത്തക്കാളി ചെറുകടലാടി പേര് ചീനപ്പാവ് ശുദ്ധി ചീനപ്പാവ് ശുദ്ധി നേരത്തെ നമ്മൾ ശുദ്ധി പറഞ്ഞിട്ടുണ്ട് ഞൗണിക്കൗണിക്ക അട്ടക്കൂട് നത്തക്ക ഇങ്ങനെയുള്ള പേരിലൊക്കെ അറിയും അതിലെ വെജിറ്റേറിയൻസ് ആണെങ്കിൽ ഞാണിക്ക ചേർക്കരുത് മണ്ണാന്റെ പ്രയോഗം ആയതുകൊണ്ടാണ് ഞൌണിക്കൗണിക്ക ശമ്പൂകലം ശമ്പൂക പലലം നത്തക്ക ഈ പേരിലൊക്കെ അറിയപ്പെടും ആ ഫ്രഷ് വാട്ടർ സ്നെൽ ഇൻ ഇംഗ്ലീഷ് അത് അതിന്റെ മാംസമായിടുത്ത് ചേർക്കുക എന്നിട്ട് കഷായം വെച്ചുകൊടുക്കും കഷായം വെച്ചു കൊടുത്താൽ ബ്രെയിൻ ഉൾപ്പെടെ എല്ലായിടത്തും വ്യാപിച്ച ഏത് അർബുദവും മാറും അതില് മരുന്നുകളെല്ലാം കൂടെ ആറ് പലം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് മുന്നൂറ്റി അറുപത് ഗ്രാം ആറ് പലം ചീനപ്പ ഒരു പന്ത്രണ്ട് പലം അല്ല പതിനാറ് പല മരുന്നെല്ലാം കൂടെ പതിനാറ് പല പതിനാറ് ആറ് തൊണ്ണൂറ്റാറ് തൊള്ളായിരത്തി അറുപത് ഗ്രാം മരുന്നുകൾ പതിനാറ് ഫലം മരുന്നെല്ലാം കൂടെ പതിനാറ് ഫലം പന്ത്രണ്ട് പലം ചീനപ്പാവും വലിയ കഷായ ചെറിയ കഷായ അല്ല കുറുകിയൊക്കെ എടുക്കുമ്പോൾ വലിയ ഗംഭീര സാധനമാണ് ഡോസ് ആളിൻ്റെ ആരോഗ്യം ആളിൻ്റെ ദഹനശേഷിയൊക്കെ നോക്കി കുറേശ കൊടുക്കുക വളരെ അവശത കിടക്കുന്നതാണ് ഈ കഷായം കൊണ്ട് ചുണ്ട് നനച്ചു കൊടുക്കുക അല്പാ അൽപ്പം അകത്ത് പോയി കിട്ടിയാൽ പതുക്കെ എഴുന്നേറ്റ് വരാൻ തുടങ്ങും എൻ്റെ മരിക്കാൻ അവസാന ശ്വാസത്തിന് കിടക്കുകയാണ് ജീവിക്കണമെന്നൊരു ഇച്ഛയുണ്ടെങ്കിൽ ഈ കഷായം കൊടുത്താൽ അവനേറ്റ് വന്നിരിക്കും എങ്ങനെ പോയതായാലും ഈ കഷായത്തിൻ്റെ തരി ചെല്ലുമ്പോൾ കാലം പിടിച്ച കയറിൻ്റെ അറ്റം കത്തിപ്പോകും പിന്നെ കാലനി പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കുക ആയതുകൊണ്ട് ആ ബലത്തിൽ കയറിന്റെ അറ്റം ചത്തുകയാൽ ഉള്ളി അങ്ങോട്ടും വീഴും ഇയാളിങ്ങോട്ടും പോയി അതാണ് ഇതിൻ്റെ ഗുണം അങ്ങനെയാണ് മണ്ണാമാരെഴുതി വെച്ചിരിക്കുന്നത് ഞാൻ അതിൻ്റെ അതിശോക്തി പറഞ്ഞു എന്നേ ഉള്ളൂ അവരുടെ കാരണവന്മാരതും ആ പതിനാറ് ഫലത്തിനുള്ളിൽ പെടും ഈക്വലായിട്ട് വളരെ ഗംഭീരമായ സ്ഥാനമാണ് ക്യാൻസർ കണ്ടോ ഉണ്ടാക്കി കൊടുക്കാം ഒരാളെയും കാണാൻ പോകണ്ട ഡിറ്റക്ട് ചെയ്താൽ അന്നേരം മുതൽ മരണത്തിന് ആശുപത്രിയിൽ നിന്ന് ഷീട്ടും കുറിച്ച് തന്നിട്ട് ഇത് കൊടുത്താൽ മതി പരാജയപ്പെടില്ല ഇതൊരെണ്ണം ഉണ്ടാക്കി വെച്ചുകൊണ്ടിരുന്നാലും മതി ഒരുമാതിരി ഐ ടി കാര് പരാജയപ്പെട്ട് വരുമ്പോഴേക്ക് കർണവന്മാർ പഠിച്ചു വെച്ചാൽ പിള്ളേർക്ക് കഞ്ഞി കൊടുക്കാനുള്ള കാജുണ്ടാവും മക്കളൊക്കെ ഇപ്പൊ എനിക്ക് വരും മനസ്സിലായില്ല ആ പതിനാറ് പരത്തിനുള്ളിൽ അത് അതായത് ഈക്വൽ ക്വാണ്ടിക്സിപാട് ഐറ്റങ്ങളുണ്ട് അതായത് ജഡാ മാഞ്ചി ജഡാ മാഞ്ചി ഞണിക്കയുടെ ഈക്വൽ ഗുണങ്ങളൊക്കെ ഉള്ളതാണ് ജഡാമാൻസിന്ന് പറഞ്ഞൊരു ഔഷധമുണ്ട് ആടിന്റെ കാലിന് ഈക്വൽ ആയിട്ടുള്ളത് ചെമ്മരിയാട്ടിൻ കാലെന്നു പറഞ്ഞ് ചെമ്മരിക്കിഴങ്ങ് പറഞ്ഞൊരു ചെമ്മരിക്കിഴങ്ങ് അത് കിട്ടുക തമിഴ്നാട്ടിലെ പല മലകളിലും കിട്ടും പ്രത്യേകിച്ച് കൊള്ളി ഹിൽസിൽ കിട്ടും ആടിന്റെ കാല് പോലെ തന്നെ ഇരിക്കും രോമാവൃതമായിട്ട് ചെമ്മരിയാടിന്റെ കാല് പോലെ ഇരിക്കും മുറിച്ച് കഴിഞ്ഞാൽ ആ രക്തം വരുന്നവർ അല്ലെങ്കിൽ രക്തം വരുന്ന പോലെ ചുവന്ന് കാണും മറ്റതൊക്കെ വെളുത്ത് കാണും അത് സൂപ്പ് വെച്ചാൽ ആടിന്റെ മാംസം സൂപ്പ് വെച്ച പോലെ ഇരിക്കുമെന്ന് രണ്ടും കഴിച്ചിട്ടുള്ളവർ പറയുന്നു രണ്ടും ഞാൻ കഴിച്ചിട്ടില്ല രണ്ടും എഴുതി കൊടുത്തിട്ടുണ്ട് രണ്ടും കഴിച്ചവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇടമങ്ക അങ്ങാടിക്കട അങ്ങാടിക്കട വേപ്പിൻ തൊലി അടുത്തതാകെട്ടോ വേപ്പിൻ തൊലിന്റെ കഷായം വെച്ച് കഴിച്ചാൽ മിക്കോറല്ല ക്യാൻസറും പോവും അതിൽ വേപ്പിന്റെ തൊലി എടുക്കുമ്പോൾ നൂറ് വർഷം പ്രായമായ വേപ്പാണെങ്കിൽ രണ്ട് കഷായത്തിൽ രോഗം വേപ്പിൻ തൊലി ആര്യവയ്പ്പെട്ടോ അതെ അതെ പഴയ കാലത്ത് അമ്മമാരുണ്ടാക്കിയിരുന്നൊരു പഞ്ചരത്ന സിന്ദൂരം ഉണ്ട് കാന്തക്കല്ലൊക്കെ വെച്ച് അതിപ്പോ എഴുതണ്ട നല്ല പണിയാണ് അത് ചിക്കമംഗളൂർ പ്രദേശത്ത് നിന്ന് കാന്തക്കല്ലു വരും പഞ്ചരത്ന സിന്ദൂരം അമ്മമാരുടെ ഒരു വലിയ പ്രയോഗമായിരുന്നു വളരെ എളുപ്പമുള്ള പ്രയോഗമാണ് എഴുതണ്ട വിട്ടെഴുതാം അതുപോലെ അവരത് കഞ്ഞുന്ന കുടം ചെയ്ത് ഉപയോഗിക്കും അതുപോലെ കാഞ്ചനാര ഗുൽകുരു ഗംഭീര അതിനെ അങ്ങാടിക്കിടെ വാങ്ങിക്കാൻ അത് ക്യാൻസറിന് നല്ല കാഞ്ചനാര ഗുൽഗുരു വളരെ ഗംഭീരമാണ് രസസുന്ദൂരം ഗംഭീരമാണ് ഗുൽകുലു തിത്തത് ഘൃതം ഗുൽകുലു തിത്തത് കഷായം ഇത് രണ്ടും ഗുൽകുലുതിക്തകം ഗൃഹവും പുൽകുലുതിക്തകം കഷായവും ഒക്കെ കഴിക്കുമ്പോൾ ചോറ് വറുത്തുണ്ണണം വെള്ളം വരരുത് ജലാംശം ചെല്ലരുത് ചോറ് വാർത്തിട്ടിട്ട് കഴിക്കരുത് വറുത്ത് കഴിക്കണം വെള്ളം ഒട്ടും ഉണ്ടാവരുത് മാത്രമല്ല പറ്റില്ല അതിന് കൂട്ടാൻ കൂട്ടാനാകെ മോര് കട്ടി മോര് വെണ്ണ കടഞ്ഞു മാറ്റിയ കട്ടി മോര് ഏത്തക്കായും ചേനയും ഇട്ട് നല്ല കുറുക്ക് കാളാൻ മഞ്ഞപ്പൊടിയും ചേർന്നത് ബാക്കിയൊന്നും ചേർക്കരുത് നല്ല കുറുക്ക് കാളൻ പോലെ ഉണ്ടാക്കി ചോദിച്ചാൽ അതും കൂട്ടി ചോറുണ്ട് ഗുൽകുലു തിത്തക ഘൃതമോ ഗുൽകുലു തിത്തകം കഷായമോ ബിരിയാം വണ്ണം കഴിച്ചു കഴിഞ്ഞാൽ ഏത് ക്യാൻസറും പൊമ്പ കാരണം അത് തൈരുണ്ട ഇത് മോര് മോര് നല്ല മോര് കട്ടി മോര് എടുത്തിട്ട് അതിനകത്തേക്ക് ഒരല്പം മഞ്ഞപ്പൊടി ഇട്ട് അതിന് കഷ്ണമായിട്ട് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അല്പമൊന്ന് കടുക് കുറക്കുക അല്പം ഉഴുവയിട്ട് കടുക് ഉറത്തിട്ട് അതിനകത്തേക്ക് ചേന കഷ്ണങ്ങളാക്കി കൊത്തി നിറുക്കിയ ചേനയും നല്ല ഏത്രക്കായും കൂടി ഇടുക കടുകയൊക്കെ പൊട്ടി ഇടുക ഒന്ന് ഇളക്കുക അത് കഴിഞ്ഞ് അല്പം മഞ്ഞ പൊടി ചേർത്ത് വെള്ളം ഒരല്പം ചേർത്ത് വെച്ച് വെന്ത് വരുമ്പോഴേക്ക് അതിലേക്ക് മോരം കൊഴിക്കുക മോര് പതഞ്ഞു വരുമ്പോ വാങ്ങുക തിളയ്ക്കരുത് തിളച്ചാ സ്വാദുണ്ടാവില്ല അതൊന്നും അറിയില്ല മോര് തിളക്കി കൂട്ടാൻ കൊള്ളൂല ഏപ്പ് അല്പയറുക എന്നിട്ട് അത് മാത്രം കൂട്ടിച്ചോർന്നുക അങ്ങനെ വിജിയം വണ്ണം കഴിച്ചാൽ േറ്റവും ഭംഗിയായി രോഗം മാറും ക്യാൻസർ മാറുന്നതിൽ വളരെ അത്ഭുതകരമായ ശക്തിയുള്ള ഒരു ഔഷധമാണ് മാങ്ങാ നാറി മാങ്ങായുടെ മണമുള്ളതും ബ്രഹ്മിയുടെ രൂപസാദൃശ്യമുള്ളതും ചതുപ്പിൽ വളരുന്നതുമായ ഒരു ചെടി മാങ്ങായുടെ മണമുള്ള ഒരുപാട് ചെടികളുണ്ട് സൂര്യകാന്തിയുടെ ഇലവടിച്ചതിന്മേലും മാങ്ങയുടെ മണമുണ്ട് മാങ്ങാ നാരി എന്ന് പറഞ്ഞാൽ ചിലപ്പം വീടിൻ്റെ അടുത്തുള്ളവരിത് പഠിച്ച് തിരിഞ്ഞിട്ടുണ്ട് ഇതാണെന്നും പറഞ്ഞ് പറിച്ചു കൊടുക്കും ആടുതട്ടും അതുകൊണ്ട് മാങ്ങാ നാറി എന്ന് പറഞ്ഞാൽ ബ്രഹ്മിയുടെ ഇലയോട് സാദൃശ്യമുള്ള ബ്രഹ്മി നിൽക്കുന്നത് പോലെ വെള്ളത്തിൽ വളരുന്ന ബ്രഹ്മിയുടെ പൂ പോലെ പൂവൊക്കെ ഉണ്ടാകുന്ന വയലുകളിൽ സാധാരാളമായി കാണുന്ന ചെടിക്കാണ് ഗംഭീരമല്ലെങ്കിൽ മാങ്ങാ നാറി എന്ന് പറയുന്നത് ആ മാങ്ങാ നാറി അത്യപൂർവമായ ഔഷധങ്ങളിലൊന്നാണ് അതുപയോഗിച്ചാണ് ഗണ്ഡീര രസായനം ഗംഭീരാത്യരിഷ്ടം ഉണ്ടാകുന്നത് നാം മാങ്ങ നാല് വെറുതെ അരച്ചു കൊടുത്താലും മാറും വലിയ മലയകത്തിത്തൊലി വലിയ മലയകത്തിത്തൊലി അത് ഒരു മുന്നൂറ് ഗ്രാം അഞ്ച് പലം അഞ്ചു പലം ചുക്ക് മുളക് തിപ്പലി ഇവ ഓരോ പലം ഒരറുപത് ഗ്രാം വീതം കടുക്ക എഴുതിയോ വലിയ മലയകത്തിത്തൊലി അഞ്ചു പലം ചുക്ക് മുളക് തിപ്പലി ഇവ ഓരോ പലം അത്രയും വരെയോ കടുക്ക താന്നിക്ക ഇവ ഓരോന്നും അരപ്പലം നീർമാതളത്തൊലി മൂന്ന് കഴഞ്ച് അതായത് പതിനഞ്ച് ഗ്രാം ഏലത്തരി പച്ചില ഇലവങ്ങത്തൊലി ഇവ നാല് കുന്നിക്കുരു വലിപ്പം വീതം കുന്നിയിട എന്നാണ് അതിന് പറയുക നാല് കുന്നിയിട ഇവയെല്ലാം കൂട്ടിയെടുത്തോളം എല്ലാം കൂടി എത്ര ഗ്രാമുണ്ടോ അത്രയും കുഗുരു ശുദ്ധി ചെയ്തത് എന്ന് ബ്രാക്കറ്റ് ചെയ്യണം അത് പുറകെ പറഞ്ഞുതരാ അത്രയും ഗുഗുലു ശുദ്ധി എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു നേരത്തെ നേരത്തെ എഴുതുക അപ്പൊ ഗുഗുലു ശുദ്ധി ഇവയെല്ലാം കൂടെ പൊടിച്ച് ഇടിച്ച് വെക്കുക നല്ല ഇടിച്ച് യോജിപ്പിച്ച് ഒരു അഞ്ചു ഗ്രാം വീതമുള്ള ഉരുളകളാക്കി വെക്കുക നാലു ഗ്രാമമായാലും മതി മൂന്ന് ഗ്രാമമായാലും മതി ഉരുട്ടി വെക്കുക ഓരോ ഉരുള കഴിച്ചിട്ട് കരിങ്ങാലിയും കടുക്കയും ചേർത്ത് തിളപ്പിച്ച വെള്ളം കുടിക്കാലിയും കടിക്കയും കൂടെ ഇട്ടു വന്ന വെള്ളവും പുറകെ കുടിക്ക ഒരുമാതിരിപ്പെട്ട ക്യാൻസർ ഒന്ന് പോവും അട്ട ഞാനിനൊരു ചോദ്യം ചോദിച്ചോട്ടെ ഇപ്പൊ ഇത്രയൊക്കെ എഴുതു എത്ര മരുന്നായി ഈ പുകയില് ആ എമ്പത്തിയൊമ്പത് മരുന്ന് നിങ്ങളിപ്പോൾ എഴുതി ആലോചിച്ച് നോക്കുക നിങ്ങൾ പോകുന്ന ആശുപത്രിയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ചെന്നിട്ട് ഇത്രയും ടൈം ടസ്റ്റഡ് ആയിട്ടുള്ള ഇതിലേതു കൊടുത്തും ഫലപ്രദമാണെന്ന് ബോധ്യപ്പെടുത്തി തരാം ഇത്രയും ടൈം ടസ്റ്റഡ് ആയിട്ടുള്ള ഒരു പത്തു മരുന്നിന്റെ പേര് പറയാൻ പറശ് മേടിക്കാൻ പറ ഇതൊക്കെ എടുത്ത് നിങ്ങൾക്ക് കൊടുക്കാം അതാണ് ഈ വൈദ്യശാസ്ത്രത്തിന്റെ പ്രത്യേകത ഇത് നാരുടെയും കിഡ്നി പോവില്ല ഇത് നാരുടെയും ലിവർ തട്ടിപ്പോവല്ല ഇത് കഴിച്ചതിൻ്റെ പേരിൽ ആരും സ്വർഗത്തോട്ടും നരകത്തോട്ടും എടുക്കില്ല മറിച്ച് വിഷയെല്ലാം കഴിക്കാൻ എത്ര ലക്ഷം രൂപയെ ഉണ്ട കൊടുക്ക നിങ്ങളുടെ തലമുറയിൽ ആർക്കെങ്കിലും തലേലാളിരിപ്പുണ്ടോ പൂർവികന്മാർ രോഗങ്ങളെ അവഗ്രഹിച്ച് ഇത്രയധികം സൗഭാഗ്യാതിരേഖങ്ങൾ കയ്യിൽ വെച്ച് തന്ന് തലമുറ തലമുറകളായി കൈമാറി പഠിപ്പിച്ചിട്ട് അതും കളഞ്ഞ് ശൗചഹീനനും ജഡവാദിയും ജഡാവലംബിയുമായ സായിപ്പിൻ്റെ ഭാഷയും പ്രമാണവും പഠിച്ച് വിവരം കെട്ടവരായിത്തീർന്ന നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തന്നെ ഒരു പുച്ഛം തോന്നുന്നില്ലേ ഇടയ്ക്ക് ഇങ്ങനെ പ്രയോഗിച്ചില്ലെങ്കിൽ എനിക്കൊരു ഇതൊക്കെ എഴുതിത്തരുന്നത് എനിക്കിഷ്ടമാണ് പക്ഷെ ഇത് എഴുതിത്തരുന്ന ഇപ്പം പത്ത് ഭു പറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ തന്തയും തള്ളുകൊണ്ടും എന്നെ അനുഗ്രഹിക്കില്ല അതുകൊണ്ട് എനി എഴുതിത്തരുന്ന മരുന്നല്ല എൻ്റെ സ്വന്തം സാധനം ഞാൻ പറയുന്ന ഭള്ളാണ് മറ്റതൊക്കെ അവരുടെയാണ് അതൊക്കെ ഒറിജിനൽ പക്ഷേ ഇത് എൻ്റേതാണ് വല്ല ദേഷ്യവും വന്നാൽ എന്നോട് പ്രയോഗിക്കാം ചെമ്പനടക്കയും നല്ല പ്രയോഗങ്ങളാണ് കുട്ടികളുണ്ടാകാൻ ഒക്കെ അതിൽ നിന്ന് ഗംഭീര പ്രയോഗങ്ങളുണ്ട് സുപ്പാരിക്കും പറ്റും വായിലെ അർബുദം വായിലെ അർബുദം നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം നമ്മൾ ബാക്കി അടുത്ത ക്ലാസ്സിലാവാം വായിൽ വരുന്ന ക്യാൻസറുകൾക്കുള്ള മരുന്നുകൾ അത് അടുത്ത ക്ലാസ്സിൽ പറയാൻ ഇന്ന അവസ നാരായണം നമസ്കൃത്യനരം ശൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം Grazie a tutti.